നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാരും നൽകിയ ചില പേരുകൾ മാത്രമാണവ അതിനാഹു സുബാനഹുവ തായ യാതൊരു തെളിവുമിറക്കിയിട്ടില്ല അവർ വെറും ഊഹങ്ങളെയും മനസ്സ് ആഗ്രഹിക്കുന്നതിനെയും പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവർക്ക് സന്മാർഗം വന്നിട്ടുണ്ട്